കട്ടോപനിഷത്ത് ഉ ശബ്ദത്തിന്റെ അർത്ഥമാണ് കഴിഞ്ഞ ദിവസം ചെറുപ്പം ചെയ്തത് ഉപ്പി രണ്ട് ഉപസർഗങ്ങൾ പുറത്തുള്ള സതുധാതുവാണ് സതുധാതുവിന് വിസരണം ഗതി അവസാധനം മൂന്നർത്ഥമുണ്ട് വിസരണം നശിപ്പിക്കുക അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന ഉപനിഷത്തിന് ഗതി ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്നാണ് രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത് മൂന്നാമത് വിശരണം ശിഥിലമാക്കുന്നു എന്നുള്ള അർത്ഥം ജന്മ ജലാമരണാദികളെയൊക്കെ ശിഥിലമാക്കുന്നു അങ്ങനെ മൂന്നർത്ഥം എടുത്തുകൊണ്ട് ഉപനിഷത്തു പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു സംസാരക്ലേശങ്ങളെ ശിഥിലമാക്കുന്നു എന്നത് ഉപനിഷ് എന്ന് പറയുന്ന ശബ്ദത്തിന് മുഖ്യമായിട്ടുള്ള അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ് ഗൌണമായിട്ട് ഈ മന്ത്രങ്ങളെ ശബ്ദരൂപത്തിലുള്ള അക്ഷര രൂപത്തിലുള്ള ഈ മന്ത്രങ്ങളെയും ഉപനിഷ്ദം കൊണ്ട് പറയാം നമ്മൾ ചൊല്ലുന്ന മന്ത്രം നമ്മൾ കേൾക്കുന്ന മന്ത്രം അത് ഉപനിഷത്താണ് പക്ഷെ ഉപനിഷബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥമാണല്ല മുഖ്യമായ ശബ്ദം ഈ കേൾക്കുന്ന മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ നിന്നും ഉള്ളിലുണ്ടാകുന്ന അറിവ് അതാണ് വിദ്യ അതാണ് ഉപനിഷ ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം അതാണ് നമ്മൾ അതിനകത്തും കരുത് അടുത്ത് നവത് ഭഗ ഭാഷത്തിന്റെ ബാക്കി ഭാഗമാണ് ഉപനിഷ നിർവചനീനീവ വിശിഷ്ടവും ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തെ നിർവചിച്ചതിലൂടെ തന്നെ ഇതിൽ അനുബന്ധ ചതിഷ്ഠയവും അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്ന് പറയുന്ന കാര്യങ്ങളും ഇവിടെ പറയപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന നിന്ന് ഇതെല്ലാം കിട്ടുന്നുണ്ട് അതായത് ഉപനിഷത്ത് ഇതിന് പഠിക്കുന്നതിനാരാണ് അധികാരിയായിരിക്കുന്നത് എന്താണ് ഇതിന്റെ വിഷയം എന്താണ് ഇവിടുത്തെ പരസ്പര ബന്ധങ്ങൾ ഈ ശാസ്ത്രവും പഠിക്കുന്നയാളും ഈ അറിവും അതിന്റെ ഫലവും ഇതെല്ലാം വരുന്ന പരസ്പര ബന്ധം എന്താണ് എന്താണ് ഇതിന്റെ പ്രയോജനം ഈ നാല് കാര്യങ്ങൾ ഇതിനെ അനുബന്ധ ചതുഷ്ഠയെന്ന് പറയുന്നു പഴയ സമ്പ്രദായം അനുസരിച്ച് ഒരു ഗ്രന്ഥം ഒരാൾ അധ്യയനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് ഈ നാല് കാര്യങ്ങളും മനസ്സിലാകണം വിഷയം അധികാരി സംബന്ധം പ്രയോജനം ഇത് മനസ്സിലാക്കി ഇത് വെളിപ്പെടുത്തിയിരിക്കണം ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സൂചനയിലൂടെ അത് വെളിപ്പെടുത്തണം അത് മനസ്സിലാക്കി ഒരാൾ ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ആദ്യം പഠിക്കുന്നയാൾ നോക്കും തനിക്ക് ഇതിന് അധികാരമുണ്ടോ എന്താണിതുകൊണ്ടുള്ള പ്രയോജനം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ചിന്തിക്കും അതുകൊണ്ട് ആദ്യം അത് വെളിപ്പെടുത്തി അത് മനസ്സിലാക്കി ഞാൻ മാത്രമേ വിവേകിയായ ഒരാൾ ഒരു ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിന് മുതിരുകയുള്ളൂ അതുകൊണ്ടാദ്യം അവനെവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഉപനിഷത്ത് ശബ്ദം തന്നെ അതാണ് ഏവൾ ഉപനിഷത്ത് നിർവചന ഉപനിഷത്ത് ശബ്ദത്തിന്റെ നിർവചനം കൊണ്ട് തന്നെ വിശിഷ്ടോ അധികാരി വിശിഷ്ടനായ അധികാരി ആരാണ് വിദ്യായ ാണ് അധികാരി എന്നുള്ളത് ഇവിടെ അധികാരി അറിയാം സാധന ചതുഷ്ട സമ്പന്നനാണ് അതിന്റെ മുഖ്യ അധികാരി പ്രധാനപ്പെട്ട വിശിഷ്ടനായ അധികാരി ഗുണങ്ങളുള്ള ആൾ വിശി വിദ്യ പരം ബ്രഹ്മ പൊതുവെ അദ്വൈത ഗ്രന്ഥങ്ങളുടെ എല്ലാം വിഷയം അധികാരി പ്രയോജന സംബന്ധം ഒന്നു തന്നെ ഒരിടത്തും മാറ്റമില്ല അധികാരി എന്ന് പറയുന്ന എല്ലായിടത്തും ആധുനിക ചതുഷ്ട സമ്പന്നനാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മുഖ്യ പ്രധാന ഉത്തമ അധികാരിയാണ് പറയുന്നത് മധ്യമ കനിഷ്ഠ അധികാരികളോടും ഉത്തമ അധികാരി എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ഉത്തമ അധികാരി എന്ന് പറയുന്നത് ആർക്കാണോ ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ആ വ്യക്തിയാണ് ഉത്തമാധികാരി എന്ന് പറയുന്നത് പഠിക്കുന്ന വിദ്യയ്ക്കൊരു അതിനൊരു പ്രയോജനം ഉണ്ടായിരുന്നു ആ പ്രയോജനം അതിന് മുഖ്യമായ പ്രയോജനം മുഖ്യമായ പ്രയോജനം എന്ന് പറയുന്ന അവാന്തരമായ പ്രയോജനങ്ങളും കാണും മുഖ്യമല്ലാത്ത പ്രയോജനങ്ങളും കാണും അത് ഇപ്പോ ഉടൻ കിട്ടണം എത്രയും അങ്ങനെ കിട്ടുന്നത് ആർക്കാണോ അതിനർഹതയുള്ളവനെയാണ് മുഖ്യാധികാരിന്ന് എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ പറയുന്ന പ്രയോജനം മുഖ്യമായ പ്രയോജനം കിട്ടിയില്ലാന്ന് വരും മറ്റു പ്രയോജനങ്ങൾ എന്തെങ്കിലും കിട്ടിയെന്ന് ചിലർക്ക് മുഖ്യമായ പ്രയോജനം കിട്ടിയെന്ന് വരും പക്ഷേ അതിന് കാലതാണു സൗന്ദര് അങ്ങനെ വരുന്നവരെയാണ് പിന്നീട് മധ്യമാധികാരികൾ കനിഷ്ഠാധികാരികൾ എന്ന് ഉടൻ തന്നെ അതിന്റെ പ്രയോജനം കിട്ടിയില്ല എന്ന് വരും കാരണം കിട്ടുന്നതിനുള്ള ആ യോഗ്യത വ്യക്തിയിൽ പൂർണ്ണമായിരിക്കില്ല കാലതാമസങ്ങൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അയാൾ കാലതാമസം കൊണ്ടാണെങ്കിലും കിട്ടുമെങ്കിലായാലും മധ്യമാധികാരിയായി ഇനി മുഖ്യഫലം കിട്ടുന്നതിനുള്ള സാധ്യതയില്ല ഉടനെ മറിച്ച് അതിന്റെ ഗൌണഫലങ്ങൾ അവാന്തരഫലങ്ങളെ കിട്ടാൻ കിട്ടത്തുള്ളൂ അങ്ങനെയുണ്ടെങ്കിലായ കനിഷ്ഠാധികാരി ഈ തരത്തിലെല്ലാ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും എല്ലാ ദർശനങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ അധികാരി നിർണ്ണയം ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ മുഖ്യമായ അധികാരി എന്ന് പറയുന്നത് സ്ഥാപനം ചെയ്ത സമ്പന്നനാണ് അങ്ങനെയുള്ള ഒരാൾ ഈ വിദ്യ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമായ ഫലം അയാൾക്ക് തന്നെ ലഭിക്കും അതുപോലെ വിഷയവും വിഷയത്തെ വിശിഷ്ടവുക്ത വിശിഷ്ടമായ വിഷയം വിദ്യായ എന്താണ് പരമ്പര പ്രത്യേകാത്മഭൂതം പ്രത്യേകാത്മഭൂതം പ്രത്യേകാത്മാവായിരിക്കുന്ന പരമ്പര ജീവാത്മ പരമാത്മ ഏകത്വം അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ വിഷയം എല്ലാ അദ്വൈത ഗ്രന്ഥങ്ങളുടെയും വിഷയമല്ല ജീവാത്മ പരമാത്മ ഏകത്വം അതാണ് അതിനെക്കുറിച്ചുള്ള ആരുമാണ് അത് തന്നെയാണ് ഇവിടെയും വിഷയം പ്രയോജനം ജാസ്ത്യാഷ ആത്യന്തികീ സംസാര നിവൃത്തി ഹി ബ്രഹ്മപ്രാപ്തി ലക്ഷം പ്രയോജനം എന്ന് പറയുന്നത് എന്താണ് ഉപനിഷ പ്രയോജനം ആത്യന്തികീ സംസാരങ്ങൾ ആത്യന്തികമായ സംസാരത്തിന്റെ ഇല്ലായ്മ സംസാരം ആത്യന്തികമായി ഇല്ലാതാകുക എന്നാണ് ആത്യന്തികമായ നിവൃത്തിയാണ് സംസാരത്തിൽ ജനനം മരണം തുടങ്ങിയ ക്ലേശങ്ങൾ എന്നേക്കുമായി അവസാനിക്കുക ആത്യന്തികം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് പൂർണമായും നശിക്കുക മറ്റൊന്ന് വീണ്ടും വരാത്ത തരത്തിൽ നശിക്കുക അപ്പൊ നശിക്കുമ്പോൾ ആ നാശം പൂർണ്ണമായിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും വരാം അങ്ങനെ വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ പൂർണ്ണമായും നശിക്കും ആണ് ആത്യന്തികം എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും ഉണ്ടാകില്ല ആ തരത്തിലുള്ള നാശം എന്തിന്റെ സംസാരത്തിന്റെ എന്നാണ് അങ്ങനെ ആത്യന്തികമായ നശം എന്നെടുത്ത് പറയുന്നത് എന്തിന്റെ സംസാരം താത്കാലികമായും നശിക്കും പൂർണ്ണമായും നശിക്കും പക്ഷെ വീണ്ടും വരാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ സംസാരമില്ല ജനന മരണങ്ങളൊന്നുമില്ല അവിടെ നശിക്കുന്നുണ്ട് പൂർണ്ണമായും നശിക്കുന്നുണ്ട് എന്റെ ലേശം പോലും അവിടെ വീണ്ടും വരുന്നു ഉണരുമ്പോൾ ജനന മരണങ്ങളെല്ലാം വീണ്ടും വരുന്നു ഇതുപോലെ സംസാരനാശം എന്ന് പറയുന്നത് സംഭവിക്കാം അല്ലാതെ താത്കാലികമായി നശിക്കും സംസാരം നശിക്കുന്നു സംസാരത്തെ വിസ്മരിക്കുമ്പോൾ വിക്ലേശങ്ങളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ഒന്നും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് അത് നശിച്ചതുപോലെ ഇരിക്കുന്നു നശിക്കുന്നില്ല എന്നാൽ നശിച്ചതുപോലെ വരുന്നു താത്കാലികമായ നാശങ്ങളാണ് അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് അതിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോ എല്ലാം നശിച്ചതുപോലെ തോന്നുന്നു എനിക്ക് താത്കാലിക നാശങ്ങളാണ് അതിന് തത്വത്തെ കുറിച്ച് അറിയുമ്പോ ആ അറിവ് കൊണ്ട് താത്കാലികമായി തനാത്മാവാണെന്ന് എനിക്ക് ബന്ധമോഷങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരറിവ് ആ അറിവുണ്ടാകുമ്പോ തന്നെ എന്ത് വരുന്നു അയാൾക്ക് ഈ സംസാര വിസ്മൃതി സംഭവിക്കുന്നു പക്ഷെ അതെല്ലാം താത്കാലിക ഈ വിദ്യ അങ്ങനെ പോരാ ആത്യന്തികമായ സംസാര നിവൃത്തി ഉണ്ടാവും ആത്യന്തികമായ സംസാര നിവൃത്തി സുഹൃത്തിയിൽ ഉണ്ടാകുന്നില്ല മൂർച്ഛയിലുണ്ടാകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആർജിതമായ ഒരറിവിലും അതുണ്ടാകുന്നില്ല സമാധിയിലുണ്ടാകുന്നില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല പറയുന്നത് ബ്രഹ്മപ്രാപ്തി അത് ബ്രഹ്മപ്രാപ്തിയാണ് ആ ബ്രഹ്മപ്രാപ്തി വരെ ബ്രഹ്മപ്രാപ്തിയാണ് അതിന്റെ സ്വരൂപ ബ്രഹ്മപ്രാപ്തിയിലെ അത് നശിക്കുന്നു സുസൃതിയിലും അതിന് തുല്യമായി മറ്റവസ്ഥകളിൽ ഒന്നും ഒരവസ്ഥയിലും ഈ പൂർണ്ണമായ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നില്ല അതായത് സംസാരത്തെ ഇല്ലാതാക്കുന്ന ബ്രഹ്മപ്രാപ്തി അത് ഉണ്ടാകുന്നില്ല ഏതെങ്കിലും അവസ്ഥയിൽ ഈ സംസാരം ഇല്ലാതായാലും താത്കാലികമാകുന്നതുകൊണ്ട് അവിടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല ജ്ഞാനം കൊണ്ട് അജ്ഞാനം സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പ്രയോജനം ആത്യന്തികമായ ബ്രഹ്മപ്രാപ്തി അതാണ് അദ്വൈതത്തിൽ പറയുന്നത് ഓരോ സാധനമാർഗങ്ങളിലൂടെ പോകുന്ന ഓരോരുത്തർക്കും ഏതെങ്കിലും എല്ലാം തരത്തിലുള്ള ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നു എന്ന് അദ്വൈത സംഭവിക്കുന്നുണ്ട് യോഗമാർഗത്തിലൂടെയോ ഞാന ഒഴികെയുള്ള മറ്റ് ഗുണമായ ഉപാസനകളോ ഭക്തി സമ്പ്രദായങ്ങളോ മറ്റ് ജ്ഞാനമാർഗങ്ങളോ ഗുണമായിട്ടുള്ള അപ്രധാനമായിട്ടുള്ള ഈ ജീവാത്മ പരമാത്മയത്തൊടുകൂടാതെയുള്ള ഏതെല്ലാം മാർഗങ്ങളിലൂടെ പോയാലും അവർക്ക് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകാം പക്ഷെ അത് പൂർണ്ണമായിരിക്കത്തില്ല എന്നാണ് ഏകദേശമായിരിക്കും ഇവിടെ പറയുന്ന ധ്രഹപ്രാപ്തി എന്ന് പറയുന്നത് ആത്യന്തികമായ അജ്ഞാന വിനാശം അത് ആണിതിന്റെ മുഖ്യമായ പ്രയോജനം മറ്റ് ദാർശനിക പദ്ധതികളിൽ നിന്ന് വ്യത്യാസം അതാണ് അദ്വൈതി പറയുന്നത് മറ്റൊരിടത്തും അങ്ങനെ പൂർണ്ണമായ അജ്ഞാനനാശം സംഭവിക്കുന്നില്ലെന്നാണ് അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നത് സമ്പന്ധ നിയമംഭൂത പ്രയോജന ഉക്ത ഈ പറഞ്ഞ പ്രയോജനം കൊണ്ട് തന്നെ സംബന്ധവും പറയപ്പെട്ടു ഈ സംബന്ധം എന്ന് വെച്ചാൽ ഇതെല്ലാം ഉള്ള പരസ്പര ബന്ധം ഈ മന്ത്രം അതായത് ഉപനിഷത് മന്ത്രം ഇത് ചൊല്ലുന്നയാള് കേൾക്കുന്നയാള് അല്ലെങ്കിൽ മനനം ചെയ്യുന്ന ആള് ഇതിൽ നിന്നുണ്ടാകുന്ന വിദ്യ ഇതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനം അതിന്റെ ആധാരമായിരിക്കുന്ന പരമാത്മാവ് ഇതെല്ലാം നമ്മളുടെ പരസ്പര ബന്ധം എന്താണ് മോക്ഷം എന്നാ അറിയാം മോക്ഷോപനിഷത്തവുമായിട്ട് എന്താ ബന്ധം അറിഞ്ഞിരിക്കും പരമാത്മാവും മോക്ഷവുമായിട്ട് എന്താ ബന്ധം ജ്ഞാനം മോക്ഷത്തിന് ഗാനം എന്ന് പറയുന്ന ജ്ഞാനവും ഇവിടെ പറയുന്ന അധികാരി എന്താ ബന്ധം ഈ പരസ്പര ബന്ധങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാലേ ഒരാൾ ഈ ഗ്രന്ഥത്തിൽ പ്രവേശിക്കുന്നത് ഇതിന്റെ അധ്യയനത്തിന് തയ്യാറാവും ഗ്രന്ഥത്തിന് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാന്ന് വന്നു കഴിഞ്ഞാൽ മുമ്മൂക്ഷുവായ ഒരാൾ ഒരിക്കലും ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിന് തയ്യാറാകത്തില്ല ഒരാൾക്ക് വേണ്ടത് മോക്ഷമാണ് ഗ്രന്ഥം കൊണ്ട് മോക്ഷം കിട്ടും ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് കഴിഞ്ഞാൽ മുമ്മൂ ഒരാൾ ഒരിക്കലും ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിന് തയ്യാറാകത്തില്ല ഒരാൾക്ക് വേണ്ടത് മോക്ഷമാണ് ഗ്രന്ഥം കൊണ്ട് മോക്ഷം കിട്ടും നമ്മൾ ധരിക്കുന്നത് ഗ്രന്ഥമോക്ഷത്തിന് സഹായിക്കില്ല എന്ന് പിന്നെ എന്തിനു ഗ്രന്ഥാധ്യനം ചെയ്യണം അപ്പോ ഗ്രന്ഥവും മോക്ഷവുമായിട്ട് ബന്ധം ഉണ്ടാവണം ഉണ്ടായാലും ഗ്രന്ഥാധ്യനത്തിന് വിവേകിയായ ഒരാൾ വിനിയത്തുന്നു അല്ല ഒരാൾ സമയം കുറച്ച് കളയാൻ വേണ്ടിയിട്ടാരും ഇത്തരം ആയാസകരമായ ഗ്രന്ഥാധ്യനത്തിനൊന്നും ഒരാൾ തയ്യാറാകത്തില്ല ഇതിന് പരസ്പര ബന്ധം വേണം അതിവിടെ പറയുന്ന ഒന്നാണ് എന്താണ് ബന്ധം ഗ്രന്ഥം അനുസരിച്ച് ഗ്രന്ഥം എന്ന് പറയുന്നത് വിദ്യാജനകമാണ് വിദ്യ ഉണ്ടാക്കുന്നതാണ് അതാണ് ഗ്രന്ഥത്തിന്റെ പ്രയോഗം ആത്മവിദ്യയെ കാരണമാണ് ഗ്രന്ഥം എന്ന് പറയുന്ന ഈ ശബ്ദരൂപത്തിൽ നമ്മൾ ശ്രവിക്കുന്നതും നമ്മൾ ചൊല്ലുന്നതുമായിട്ടുള്ള ഈ ഗ്രന്ഥം ശബ്ദം ആത്മവിദ്യ ഉണ്ടാക്കുന്നത് അപ്പോ അതിന് മോശമായിട്ട് എന്താ ബന്ധം ആത്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അജ്ഞാനനാശം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് ഗ്രന്ഥത്തിന് മോശമായിട്ട് ബന്ധം അജ്ഞാനാശമാണ് മോക്ഷം ആ മോക്ഷത്തിന് കാരണമെന്ന് പറയുന്നത് ആത്മവിദ്യയാണ് ആ വിദ്യയെ ഉണ്ടാക്കുന്നത് ജനിപ്പിക്കുന്നതാണ് ഗ്രന്ഥം ആ നേരിട്ട് തന്നെ മോക്ഷമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് അതാണ് ഗ്രന്ഥ അധ്യയനത്തിന് തയ്യാറാകുന്നത് അപ്പൊ ആ മോക്ഷവും അധികാരിയുമായിട്ട് എന്താ ബന്ധം എന്ന് പറയുന്നത് ആ അധികാരിയുടെ ഇവിടെ ആ അധികാരിയുടെ സ്വരൂപം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് അധികാരിയുടെ മോക്ഷം അന്യമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ പ്രാപിക്കലോ അപ്രാപ്തമായ ഒന്നിനെ പ്രാപിക്കുന്നതല്ല മോശം ഇതുവരെ നേടാതിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നേടിയെടുക്കലല്ല മോക്ഷം എന്ന് പറയുന്ന അധികാരിയുടെ സ്വരൂപം തന്നെ മോക്ഷം എന്ന് പറയുന്നു ആത്മസ്വരൂപം തന്നെ മോക്ഷം ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീണ്ട പരിശ്രമം ആ പരിശ്രമത്തിന്റെ അവസാനം ഒന്നിനെ കണ്ടെത്തുന്നു എന്തോ ഒന്നിന് അങ്ങനെ ഒരു മോക്ഷത്തെ ഇവിടെ അന്വേഷകൻ എന്താണ് തന്റെ സ്വരൂപം തന്നെ മോക്ഷം എന്ന് കണ്ടെത്തുന്നതാണ് ഇവിടുത്തെ മോക്ഷം അപ്പൊ അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് അധികാരിയും മോക്ഷം തന്നെ നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് എന്താണ് തന്റെ സ്വരൂപം തന്നെ അതിനാണ് എന്ന് പറയുന്നത് അതുപോലെ വിദ്യയും മോക്ഷവുമായിട്ടുള്ള എന്താണ് വിദ്യ എന്ന് പറയുന്നത് അജ്ഞാനനാശമാണ് അജ്ഞാനനാശം തന്നെയാണ് മോക്ഷം അപ്പൊ ആ മോക്ഷത്തിന്റെ ജനകമാണ് വിദ്യ എന്ന് പറയുന്നത് അജ്ഞാനനാശത്രികൾ ഈ തരത്തിൽ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾക്ക് പരസ്പരം പറയാം ഈ ബന്ധവും ഒരാൾ ശരിക്കും മനസ്സിലാക്കിയാല് ഒരു മുമ്മുക്ഷു ദുരന്തത്തെ ആശ്രയിക്കത്തു മുമ്മുഷന്തിനാ ദുരന്തത്തെ ആശ്രയിക്കുന്നത് ആ നിഷ്പ്രയോജനമാണെങ്കിൽ ദുരന്തത്തെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഈ ഗ്രന്ഥം ഇവിടെ പറയുന്ന ഈ ഈ പറയുന്ന അധികാരി വിഷയം സംബന്ധം പ്രയോജനം എല്ലാം ഉണ്ട് എന്നാണ് അടുത്ത് പറയുന്നത് അതോ യഥോക് അധികാരി വിഷയ പ്രയോജന സംബന്ധായ വിദ്യ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിദ്യ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നതായ വിദ്യ അധികാരി വിഷയം സംബന്ധം പ്രയോജനം ഇതെല്ലാം ഉള്ളതാണ് അതിനെ കരതലമലകവരതലത്തിൽ വെച്ച് നെല്ലിക്ക പോലെ കരതലത്തിൽ ഉള്ളം കയ്യിൽ വെച്ച് നെല്ലിക്ക പോലെ ഉള്ളൻ കൈയിൽ വെച്ച് നെല്ലിക്കാന്ന് പറയുമ്പോൾ ഒരു വസ്തു നമ്മുടെ ഉള്ളം കൈയിൽ ഇരിക്കുമ്പോഴാണ് അത് ഏറ്റവും വ്യക്തമാവുന്നത് നെല്ലിക്ക മരത്തിന് മേളിൽ നിൽക്കണമെങ്കിൽ അത് ചെറുതാണ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയത്തില്ല അതേ വസ്തു നമ്മുടെ കൈയിൽ നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചുകഴിഞ്ഞാൽ അത് സ്പഷ്ടമാവും അപ്പൊ സ്പഷ്ടതായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കരതല ആമലകം എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് ആമലകം നെല്ലിക്ക ിൽ വെച്ച നെല്ലിക്കപ്പോൾ എന്നുവച്ചാ അത്രയും സ്പഷ്ടമായി ആ വിദ്യയെ പ്രകാശിപ്പിക്കുകയാണ് ആ വിദ്യയെ പ്രകാശിപ്പിക്കുന്നു എന്നുവെച്ചാൽ ആ വിദ്യയെ ജനിപ്പിക്കുന്നു എന്നറും ഈ ഗ്രന്ഥം എന്ത് ചെയ്യുന്നു വെച്ച നെല്ലിക്കുക എന്നുവെച്ചാൽ അത്യധികം സ്പഷ്ടമായി ഈ വിദ്യ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വിശിഷ്ട അധികാര പ്രയോജന സംബന്ധ ഏതാ ഈ വല്ലികൾ ൾ മന്ത്രങ്ങൾക്ക് പറയുന്ന മറ്റു പേരാണ് വല്ലുകൾ ഇവയെന്ത് ചെയ്യുന്നു ഉള്ളം കയ്യിൽ വെച്ച നിലയ്ക്ക് പറയുന്നത് വളരെ സ്പഷ്ടമായി ആത്മവിദ്യയെ ജനിപ്പിക്കുന്നു അതുകൊണ്ട് വിശിഷ്ട അധികാരി വിഷയ പ്രയോജന സംബന്ധിച്ച് വിശിഷ്ട അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളെല്ലാം കൊണ്ട് ഭവന്തി ഉണ്ട് താഹ ഇവയെ ഈ വല്ലുകളെ യഥാപ്രതിഭാനം ബുദ്ധിക്കനുസരിച്ച് എന്റെ അറിവിനുസരിച്ച് മഹേഷ് ഞാൻ വ്യാഖ്യാനിക്കാം ഭാഷകാരൻ പറയുന്നത് ഈ ഉപനിഷന്ഥത്തെ ഇത്രയും ഗഹനമായ ആത്മതത്വത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈ ആത്മവിദ്യയെ ഇതിൽ നിന്ന് ഞാൻ വെളിപ്പെടുത്താൻ അതെന്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് മനസ്സിലായ തരത്തിലാണ് യഥാപ്രതിഭാനം എനിക്ക് തോന്നുന്ന അനുസരിക്കുന്നത് കാരണം അവിടെ താൻ ആത്മജ്ഞാനിയാണെന്നോ എനിക്ക് ആത്മതത്വത്തിന്റെ രഹസ്യമെല്ലാം പിടികിട്ടിയയാളാണെന്നോ അങ്ങനെയൊന്നും ഭാവിക്കുന്നില്ല എന്റെ അറിവിനനുസരിച്ച് അറിവിന്റെ എന്തെങ്കിലും കുറവുകൊണ്ടല്ലോ എന്റെ അറിവിനുസരിച്ചിത് വ്യാഖ്യാനിക്കാം എന്നാ പറയുന്നത് അവിടെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും അവിടെ പുറപ്പെടുവിക്കാതെ തന്റെ ആ വിനയത്തെ ആളിത്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അറിവില്ലാത്തതുകൊണ്ടുള്ള അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടെങ്കിലും അത് ഉണ്ടെന്ന് ഭാവിക്കുന്നുണ്ട് അവർ തരുന്ന പറയുന്നത് എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കാം അപ്പൊ അതിന്റെ അതിൽ നിന്ന് ലഭിക്കാവുന്ന പരമമായ അറിവ് നേടിയിട്ടായിരുന്നു അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത്രയും അതിന്റെ ആമുഖമായി പറഞ്ഞതിന് ശേഷം എന്താണ് ഇതിന്റെ വിഷയം എന്താണ് അധികാരി പ്രയോജന സംബന്ധം ഇതാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ അധ്യയത്തിലെ അധ്യായത്തിലെ ആദ്യത്തവൻ അവിടെ നിന്ന് അത് വ്യാഖ്യാനിക്കുകയാണ് ഓം കുശൻ ഹവൈ വാചശ്രവസഹ സർവേദസം തേത കുത്രൈ വാജശ്രവേദസം ദൗ തചിതാമ തഖ്യയി വി ഷത്തിൽ യമനെ സമീപിച്ച് ബ്രഹ്മവിദ്യ നേടി എന്ന് പറയുന്ന ഈ കഥ വിദ്യാസ്തുത്യർത്ഥം ഇതിനെ ഒരു ചരിത്ര സംഭവമായി എടുക്കരുത് എന്നാണ് അങ്ങനെ ഒരു നജീകേസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു ആ വ്യക്തി യമൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഇതൊരു ചരിത്ര സംഭവമായിട്ട് എടുക്കരുതെന്ന് മറിച്ച് വിദ്യ വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇവിടെ അല്ല മനുഷ്യത്തിൽ എല്ലാ കഥകളെ സംബന്ധിച്ചും ഭാഷകാരൻ പറയുന്ന ഇതാണ് ഇത് ചരിത്രമാണോ അങ്ങനെ നടന്നോ എന്നാണ് ഏതാണ് ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നാൽ ഇതെന്തിനു പറയുന്നു വിദ്യയുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി വിദ്യ സ്തുതിക്കാൻ വേണ്ടിട്ട് ഇത്തരം കഥകൾ ചേർന്നിട്ടിരിക്കുന്നത് ആഖ്യായിക കഥ എന്നാണ് പറയുന്നത് ആഖ്യായിക എന്ന് പറഞ്ഞാൽ കഥ നമ്മൾ നോവലും ചെറുകിടയും വായിക്കുന്നു അത് സത്യമാണ് ഒരു നോവലാണെങ്കിലും ഒരു ചെറുകിടയെ വായിക്കുമ്പോൾ അതിൽ പറയുന്ന സംഭവങ്ങൾക്കും എത്രമാത്രം യാഥാർത്ഥ്യത ഉണ്ടോ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഈ കഥയെക്കുറിച്ചുള്ള നമ്മൾ ചർച്ചകൾ നമ്മൾ സാധനം ചർച്ച ചെയ്യുന്നത് അതിന്റെ കഴമ്പിനെ കുറിച്ചുള്ള കഥയെക്കുറിച്ചാണ് നമ്മൾ തർക്കിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അങ്ങനെ പോയി അവിടെ ഇത്തരം ഇത് ഒരു കഥയെ സംബന്ധിച്ച് അത്തരം ചർച്ച ചെയ്ത യാതൊരു പ്രസക്തിയുണ്ട് ആ കഥയിലെ യുക്തികളെ യുക്തി ഭംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതിന് അത്തരം ഒരു ചർച്ചയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതല്ല നമ്മൾ ചർച്ച ചെയ്യും കഥയിലാവുമ്പം പലതും കാണും ഇവരാണ് എന്ന് പറയുമ്പോ കഥകളാണ് കഥ യുക്തി യുക്തി ഭംഗം നോക്കുക അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമ്മുടെ വായിച്ചു പൊഴാക്കണ്ട അതിനുവേണ്ടിയിട്ട് പറയുന്നത് വിദ്യയെ സ്തുതിക്കുന്നതിന് ആദ്യം തന്നെ പറഞ്ഞു ഇതിലെ യുക്തിയെ കുറിച്ച് യുക്തി ഭംഗത്തെ കുറിച്ച് നമ്മള് ചിന്തിച്ച് സമയം കളയണ്ട അതിന്റെ തത്വത്തെ മാത്രം എടുക്കാമോ ആ കഥ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചില തത്വങ്ങളും ആ തത്വത്തെ ഗ്രഹിക്കുക അല്ലാതെ ാര്യങ്ങളിൽ നമ്മൾ തർക്കിച്ച് അല്ലെങ്കിൽ അന്വേഷണം നടത്തി ഗവേഷണം നടത്തി സമയം കളയേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കഥയിൽ യുക്തിയുണ്ടോ യുക്തില്ലേ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസക്തിയല്ല ആ കഥയിൽ നിന്ന് എന്തെങ്കിലും തത്വത്തെ പ്രതീകങ്ങളാണ് ആ പ്രതീകങ്ങളിൽ നിന്നും നജികേദസം എന്ന് പറയുന്ന ഒരു പ്രതീകം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മുമ്മുക്ഷം എങ്ങനെയായിരിക്കണം മുമുക്ഷത്വം എങ്ങനെയായിരിക്കണം അത്തരം കാര്യങ്ങളാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത് അത് മനസ്സിലാക്കുന്നതാണ് അല്ലാതെ എങ്ങനെ പോയി എങ്ങനെ വന്നു ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല പിന്നെ ആദ്യം തന്നെ പറയുന്നത് ആദ്യത്തെ ആണ് ഇതിൽ തന്നെ വിദ്യാസ്തുത്യർത്ഥ സ്തുതി എന്ന് പറയുമ്പോൾ ഇത് അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നത് വേദത്തിൽ അർത്ഥവാദ ഭാഗങ്ങളാണ് സ്വാർത്ഥത്തിൽ താല്പര്യമില്ലാത്തതും എന്നുവെച്ചാൽ കഥ എന്നുള്ള നിലയ്ക്ക് അതിന് യാതൊരു താല്പര്യമില്ലാത്തതും എന്നാൽ മറ്റെന്തെങ്കിലും ഒന്നിന്റെ അംഗമായിരുന്നു എന്നുവെച്ചാൽ ബ്രഹ്മവിദ്യയുടെ ഒരു ഭാഗമായിരിക്കും ചെയ്യുന്നു അതാണ് അർത്ഥവാദം യാഗത്ത് യാഗത്തെക്കുറിച്ച് പറയുന്ന വിധിവാക്യങ്ങളോട് ചേർന്ന അർത്ഥവാദങ്ങളാണ് ഒരുപാട് അർത്ഥവാദങ്ങൾക്ക് പ്രത്യേകിച്ച് നോക്കി അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണത്തില്ല എന്നാൽ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും ആ ഉദ്ദേശ്യം എന്ന് പറയുന്നത് എന്താണ് അവിടെ പറയുന്ന മുഖ്യമായ കർമ്മത്തിന്റെ മഹത്വത്തെ കാണിക്കുക ഉപനിഷത്തിലെ മുഖ്യമായ പ്രതിപാദി വിഷയം വരുന്ന ആത്മവിദ്യ ഇതിൽ വരുന്ന കഥകളെല്ലാം അർത്ഥവാദങ്ങളാണ് അപ്പൊ ആ കഥകളുടെ താല്പര്യം എന്താണ് ആത്മവിദ്യയുടെ മഹത്വത്തെ ഏതെങ്കിലും തരത്തിൽ സൂചിപ്പിക്കുക എന്നതാണ് അല്ല ആ കഥയെന്ന് പറയുന്ന ചരിത്ര സംഭവമായിട്ട് നടന്നു അത് ഇന്നേക്ക് എങ്ങനെ സംഭവിച്ചു നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല എന്നാണ് ഷ്യധന്റെ അഭിപ്രായം അതുകൊണ്ട് അതിനാ രീതിയിൽ എടുത്താൽ മതി എന്ന് തത്വത്തെ ഗ്രഹിക്കുക അതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അതിനൊന്നും മോക്ഷം കിട്ടത്തില്ല എന്ന് എല്ലാം പറയുന്നത് ഗ്രന്ഥങ്ങളിൽ പറയും ആര് അഭിമാരം പറയും ഗ്രന്ഥം മോക്ഷത്തിന് സഹായിക്കാനാണ് അത് പറയുന്ന ഇതുകൊണ്ടാണ് ഗ്രന്ഥം സഹായിക്കുമെന്ന് സഹായിക്കില്ലെന്ന് രണ്ടോ അഭിപ്രായമാണ് സഹായിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചു പോയിക്കെ സഹായിക്കും മറിച്ച് നമ്മൾ ആ ഗ്രന്ഥത്തിന്റെ മനസ്സിലാക്കാതെ അതിന്റെ പുറന്തോടിൽ നിന്നുള്ള ചർച്ചകളാണ് ആ കഥകളെക്കുറിച്ചുള്ള കഥ എന്ന് പറഞ്ഞാൽ തന്നെ കഴമ്പില്ലാത്തവർ അതിനെക്കുറിച്ചുള്ള സംഭവിക്കും അതിനെന്താ വ്യക്തിയോട് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അപ്പൊ ഗ്രന്ഥത്തെ രണ്ടു തരത്തിലും സമീപിക്കാം ഒന്ന് ബാഹ്യമായി അതിന്റെ പുറം ഉള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച പക്ഷെ അതിന്റെ ആന്തരികമായ താല്പര്യത്തെ അതിന്റെ ആന്തരികമായ താല്പര്യത്തിനൂടെ ബ്രഹ്മവിദ്യ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയാണ് അതായതിന്റെ ബാഹ്യമായ മോളികളെ കുറിച്ചുള്ള ചർച്ച അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാമോ എങ്ങനെ സംഭവിച്ചു അത്തരം ചർച്ചകളാണ് പറയുന്നത് അത്തരം ചർച്ചകളൊന്നും വിദ്യയ്ക്ക് ഉപകരിക്കുന്നില്ല മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല അതൊന്നും പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളാണ് അതാദ്യമേ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇതിനെ മുമ്പോട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ ആ കഥയിലെ യുക്തികളെ കുറിച്ചോ യുക്തിഭംഗങ്ങളെ കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത് കുറച്ച് കഥയിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്ന താല്പര്യത്തെ കുറിച്ചായിരിക്കും ചർച്ചകൾക്ക് നമ്മൾ പലതും ചർച്ച ചെയ്യാം പല സമാധാനങ്ങളും മുന്നും അതൊന്നും പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ആ പറയുന്ന കാര്യങ്ങളുടെ വാച്യാർത്ഥം ഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മൾ അർത്ഥം പറഞ്ഞു പോകുന്നു അതിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് നമുക്ക് ആത്മവിദ്യ എന്താ ഗ്രഹിക്കാം അത് ഇവിടെ ഭാഷ്യത്തിൽ അതേ ഉദ്ദേശിക്കുന്നു അടുത്ത ശബ്ദം വ്യാഖ്യാനിക്കണം കാമയമാനഹ കാമിക്കുന്നവൻ വ്യാഖ്യാനിക്കും കാരണം വശകാന്തവ് എന്ന് പറയുന്ന ഒരു ധാതുണ്ട് അതിന്റെ രൂപം കാമിക്കുന്നവൻ എന്നർത്ഥം വശ കാന്തം എന്ന് പറയുന്ന സാധുവിന്റെ രൂപമാണത് അങ്ങനെ വരും ഉശൻ എന്ന് വരും നിയമം വ്യാകരണ നിയമം അനുസരിച്ച് വരുന്നാണ് കാമയമാനഹ കാമിക്കുന്നവൻ ഭി വൃദ്ധാർത്ഥ സ്മരണാർത്ഥു നിപാത വൃദ്ധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സംഭവം അതിനെ സ്മരിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന രണ്ട് നിപാതങ്ങളാണ് ഹൈ എന്ന് പറയുന്നത് ഹൈ എന്നൈതങ്ങളെന്ന് പറയും അതായത് നിപാതങ്ങൾ എന്ന് പറയുമ്പോ നമുക്ക് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക അർത്ഥങ്ങളുടെ സൂചകങ്ങളായിരിക്കുന്ന ചില ശബ്ദങ്ങൾ ചില പ്രത്യേക അർത്ഥങ്ങൾ അത് അതിന് നിപാതങ്ങൾ എന്ന് പറയും അത് പറയുന്നു പത്ത് പത്തഞ്ഞൂറ് നിപാതങ്ങളുണ്ട് മൊത്തത്തിൽ ശബ്ദത്തിൽ ഉപയോഗിക്കുന്ന അത്തരം നിപാതങ്ങൾ ഉൾപ്പെട്ട കണ്ടെന്നാണ് ഹ ച എന്നെല്ലാം പറയുന്ന നിപാദങ്ങളാണ് കഴിഞ്ഞ ഒരു കാര്യത്തെ സ്മരി വേണ്ടിട്ടാണ് ഈ നിപാദങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന ഹ വൈ എന്തോ ചില കാര്യത്തെ ശോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ കണ്ടുകൊണ്ട് കഥ പറയുന്നിടത്ത് മറ്റും നമ്മൾ പറയുന്നത് കണ്ടുകൊണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നയാളുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത് പോലെ എന്തോ ചില കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹവൈ കാമിക്കുന്നവനായ ഫലകാമനയുള്ളവനായ എന്താണ് ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അടുത്തത് വരുന്നത് വാജശ്രവസഹ എന്ന് പറയുന്നത് വാചം എന്ന് പറഞ്ഞ അന്നം വാചം എന്ന് പറയുന്ന ശബ്ദത്തിന് നിരുത്തത്തിൽ അന്നം എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് വാചം എന്ന് പറഞ്ഞ അന്നം തദ്ദാന നിമിത്തം അന്നദാനം നിമിത്തമായി അന്നദാന നിമിത്തമായിട്ട് ശ്രവ അതിന്റെ അർത്ഥം പറയുന്നത് യേശ്യതൊരുവനാണുള്ളത് അവൻ വാചശ്രവ അവന് വാചശ്രവ എന്ന് പറയുന്നു അന്നദാനം കൊണ്ട് കീർത്തി ഉണ്ടായവനെയാണ് വാജസ്രവ എന്ന് പറയുന്നത് ഇതിന്റെ അവസാനം ആയാണെന്ന് ധരിച്ചു കളിയത് സകാരാന്തമായ ശബ്ദമാണ് വാജസ്രവ വാജസ്രവസൗ വാജസ്രവസഹ അങ്ങനെയുള്ള ശബ്ദമാണ് അതിന്റെ ആ സകാരം എല്ലാം പോയി വാജസ്രവ എന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നജികേതസ് എന്ന് പറയുന്ന ശബ്ദം നജികേത നജികേതസ് സകാരാന്ത ശബ്ദമാണ് അതിന്റെ പ്രഥമ നജികേത എന്ന് പറയുന്നത് നജികേത നജികേതസൗ നജികേതുന്നു അതിന്റെ ദാനം കൊണ്ട് കീർത്തി നേടിയവനാണ് വാജസ്രവ എന്ന് പറയുന്നത് അത് അതിന്റെ വിത്പത്തി പറയുന്നത് എടുക്കാം വാജസ്രവ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിപത്തി പറയണമെന്നില്ല അങ്ങനെയും ായിട്ട് നമ്മളൊരർത്ഥം പറയാം വാചശ്രവ എന്ന് പറയും നിരൂഢമായിട്ടതാണ് അർത്ഥം എന്ന് പറയാം തസ്യ അപത്യം അവന്റെ അപത്യം ഒന്നിച്ച സന്താനം ഇവിടെ പുത്രൻ വാചശ്രവസഹ എന്ന് പറയും വാചശ്രവയുടെ പുത്രനാണ് വാജശ്രവസഹ ശ്രവസഹ എന്ന് പറയും വാ നേരത്തെ പറഞ്ഞ് വാജശ്രവസ് എന്ന് പറയുന്ന ശബ്ദത്തിനോടുകൂടി ഒരു അകാരം കൂടെ ചേർന്നിട്ട് വാജശ്രവസ എന്ന് പറയും രാമഹാമുരൻ പറയും രണ്ട് ശബ്ദവും വ്യത്യാസമാണ് ആദ്യത്തത് സാരാന്തം രണ്ടാമത്തത് അകാരാന്തം ആദ്യമൊന്ന് വാചശ്രവ അച്ഛന്റെ പേര് വാചശ്രവ പുത്രന്റെ പേര് വാചശ്രവസഹ രണ്ടും നമ്മള് വ്യാകരണ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് ശബ്ദത്തിന് ശബ്ദത്തിന്റെ വാജസ്രവ വാജസ്രവസു വാചശ്രവസഹ് രണ്ടാമത് രാമ ശബ്ദം അങ്ങനെയായിരിക്കും എന്റെ രൂപം രണ്ട് ശബ്ദം വ്യത്യാസം ഈ വാജശ്രവ എന്ന് ശബ്ദം ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാജശ്രവാന്ന് പറയുന്നത് മലയാളത്തിന്റെ അധികം ്രഹ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മലയാളത്തിൽ എന്താണ് ബ്രഹ്മാവ് ഒരു ബ്രഹ്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മന്ന് പറയുന്നത് ആ വാചശ്രവന്റെ പുത്രൻ വാചശ്രവസഹ വാജശ്രവസൻ അദ്ദേഹം ചെയ്തു ആണെന്നുള്ള പറയുകയാണ് വാജശ്രവസഹ എന്ന് പറയുന്നത് അപ്പൊ വാജശ്രവസഹ എന്ന് പറയുന്നത് നജികീതസിന്റെ അച്ഛനാണ് വാജശ്രവസൻ ആ നജീകീതന്റെ അച്ഛന്റെ അച്ഛനാണ് വാജശ്രവ എന്ന് പറയുന്നത് ഒരു വാജശ്രവ വന്നു അയാളുടെ മകൻ വന്നു വാജസ്രവസൻ അയാളുടെ മകൻ വന്നു നജികീതസൻ ഇവിടെ വാജശ്രവസൻ എങ്ങനെ വന്നു അതിനാണ് പറഞ്ഞത് ഇയാളുടെ അച്ഛൻ ഒരാളുണ്ടായിരുന്നു ദാനം കൊണ്ട് കീർത്തി കേട്ട ഒരാള് അയാളുടെ മകനാണ് വാജശ്രവസൻ എന്ന് പറയുന്ന സർവമേധേന വിശ്വജിതയാഗം നടത്തി എന്നാണ് വിശ്വജിത് എന്ന് പറയുന്നത് എന്താണ് സർവമേധേ എന്നുവെച്ചാൽ സർവസ്വ ദാനം സർവ സർവവും ദാനം ചെയ്യുന്ന സർവസ്വം തന്റേതായ സർവവും ദാനം ചെയ്യുന്നതാണ് സർവമേധം അതുകൊണ്ട് അങ്ങനെ ഒരു യാഗം നടത്തിയെന്നാണ് സർവമേധേ നീ എന്തിനു വേണ്ടി തദ്യമാണ് അതിന്റെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് സർവവും ദാനം ചെയ്യുന്ന യാഗം ചെയ്തെന്ന് പറഞ്ഞാൽ തന്റെ കയ്യിലുള്ള സർവവും ദാനം ചെയ്തിട്ട് അതിനും വലിയ ഫലത്തെ ആഗ്രഹിക്കുക സ്വർഗം പോലെയുള്ള ഫലത്തെ ആഗ്രഹിക്കുക അപ്പൊ ആഗ്രഹമുള്ളവൻ എങ്ങനെ സർവവും ദാനം ചെയ്യും തന്റെ കയ്യിലുള്ളതിനേക്കാൾ വരുന്നത് അതിനുവേണ്ടിട്ട് തന്റെ കയ്യിലുള്ളതിനെ ദാനം ചെയ്യും അപ്പൊ തനിക്കുള്ള സർവവും ദാനം ചെയ്ത് കഴിഞ്ഞാൽ അതിനും വലിയ നേടാം സ്വർഗം പോലെയുള്ള ഫലങ്ങൾ ലോകത്തിൽ കീർത്തി അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് മരണശേഷം അത് കിട്ടിയില്ലെങ്കിലും ലോകത്തിൽ ഇന്നയാൾ ഇത്രയും വലിയൊരു യാഗം ചെയ്തു ഇത്രമാത്രം ദക്ഷിണ ധർമ്മം ചെയ്തു തന്നെ ലോകത്തിന് മുഴുവൻ കീർത്തിപരം ആ കീർത്തിയെ കാമിക്കുക എന്ന് പറയുന്നത് കാമ എന്ന് പറയുന്നത് കീർത്തിയെ കാമിച്ചുകൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്താലും അത് അതിൻ്റെതായ ദോഷങ്ങളുണ്ട് സത്പ്രവൃത്തിയുടെ ഗുണമുണ്ടെങ്കിലും കാമനയുടെ ദോഷമായി ഇവിടെ പറയുന്ന ഈ വാജേശ്വര വസനം എന്താണോ കീർത്തിയും മറ്റും ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യുന്നു സത്സർമ്മം ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് മാത്രം ആ കർമ്മം പൂർണ്ണമാകുന്നുണ്ട് കാരണം അതിന്റെ പിന്നിൽ കാമനയുണ്ടെങ്കിൽ ആ കാമനയുടെ ദോഷങ്ങൾ കർമ്മത്തെ കർമ്മം ചെയ്യുന്നതിന് പിന്തുടര് ഇവിടെ വാജശ്രവസനും അത് തന്നെയാണ് തദ്യമാനഹ ഫലത്തെ കാമിച്ചുകൊണ്ട് അതാണ് ആദ്യം ആ ശബ്ദം തന്നെ പറഞ്ഞു യാഗം ചെയ്തു സത്യസ്മൻ കൃതവും അങ്ങനെയുള്ള ആ വാജസ്രവസൻ ആ യാഗത്തിൽ സർവവേദസം സർവസ്വം ധനം തന്റേതായ സർവധനത്തെയും ദത്ത സർവവും ദാനം ചെയ്തു അവിടെ പ്രത്യേകം പറയുന്നുണ്ട് എന്താണ് സർവസ്വം സർവസ്വം തൻ്റെതായ സർവവും ദാനം ചെയ്തത് യാഗത്തിന്റെ നിയമമാണ് എന്താണ് തന്റേതായ സർവവും ദാനം ചെയ്യുക യാഗത്തിന്റെ നിയമം എന്നാണ് യാഗം പൂർത്തിയാകപ്പെടുന്നത് അത് ആ കീർത്തികൾക്കും സദസികർക്കുമായിട്ട് ആ യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന സദസ്യർ അവർക്കും ആ യാഗത്തിലെ പുരോഹിതന്മാർക്കുമായിട്ട് തന്റേതായ സർവവും ദാനം ചെയ്തു അങ്ങനെ ചെയ്യുന്ന യാഗം ആണ് ചെയ്തത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായി ഇതിലോകത്ത് ലഭിക്കുന്ന എന്താണ് കീർത്തിയാണ് ഇങ്ങനെ ഒരു മഹത്തായ അത് ഒരാൾ ചെയ്തു ഇത്രയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നുള്ള കീർത്തി പരലോകത്തിൽ അത് ഇത് രണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് ഈ വാചശ്രവശൻ യാഗം ചെയ്തത് ഇതാണ് പുത്രന് പിന്നീട് നമ്മൾ എന്താണ് നിരന്ദ്രിയെന്ന് പറഞ്ഞ ആ ദാനം ചെയ്ത വർഷങ്ങളായ നജീകേശ്വരനെ കണ്ടിട്ട് പ്രയാസം ഉണ്ടാകുന്നു കാരണം സർവവും ദാനം ചെയ്യുന്ന ആള് അങ്ങനെ ദാനം ചെയ്ത ആള് കൊടുക്കുന്ന എന്തിനാണ് കൊടുക്കുന്നത് പുല്ല് തില്ലാൻ കഴിയാത്ത പശുക്കള് കറവ് പറ്റിയ പശുക്കള് തനിക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളെയാണ് കൊടുക്കുന്നത് അപ്പൊ പുത്രനാശന്തിനാണ് ഈ പിതാവ് ഇങ്ങനെ ചെയ്യുന്നത് കറവവും ദാനം ചെയ്യേണ്ട യാത്ര എന്താണ് അവിടെ ചെയ്തത് ബുദ്ധിമാനായ മകൾ മനസ്സിലാക്കിയതാണ് നല്ല പശുക്കളെല്ലാം മാറ്റിവെച്ചു ആദ്യം തന്നെ പുത്രന്റെ പേരിൽ എഴുതി ആദ്യം പിന്നെ അതാണ് ചെയ്തത് എന്നുവെച്ചാൽ അപ്പൊ തന്റെ തന്റേത് സർവ്വവും ദാനം ചെയ്താൽ മതി എന്നാണല്ലോ യാഗത്തിന്റെ നിയമം അപ്പൊ തനിക്ക് ഉള്ള നിലവിളിക്കുന്ന ഒന്നും നഷ്ടപ്പെടാതെ ബാക്കി എല്ലാം പുത്രന്റെ പേരിലാക്കി വെച്ചിട്ട് അപ്പൊ ആരോടും ധൈര്യമായിട്ടും പറയാൻ എന്താണോ എൻ്റെതെല്ലാം ദാനം ചെയ്തിരിക്കുക എനിക്കുള്ള ഇനി ഒന്നും നല്ലതെല്ലാം പുത്രൻ ചോദിച്ചത് അതുകൊണ്ടാണ് പുത്രൻ ചോദിച്ചത് എന്താണോ ഇതെല്ലാം ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് ആ എന്നെ നീ ആർക്കാണ് ദാനം ചെയ്യുന്നത് ചോദിച്ചത് അതുകൊണ്ടാണ് കാരണം പുത്രൻ മനസ്സിലായ എന്താണോ നല്ല പശുക്കളെല്ലാം തന്റെ പേരിൽ മാറ്റിവെച്ചിരിക്കുകയാണ് ആവശ്യമില്ലാത്ത സാധനവും വേവശൂന്യമായ വസ്തുക്കളെയൊക്കെ തന്റെ വേദം വെച്ച് എന്നിട്ട് തന്റെ സർവ്വവും ദാനം ചെയ്തു ഇന്നത്തെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ദാനം പോലെ അപ്പൊ മകന്റെ സ്വത്തെല്ലാം സുരക്ഷിതമായിരിക്കും തന്റെതെല്ലാം ദാനം ചെയ്തു എന്നുള്ള കീർത്തില്ലാദ്യമേ പറയുന്ന എന്താണ് സർവവേദസവും തൻ്റെതായ സർവവും അത് ദാനം ചെയ്തു നല്ലതെല്ലാം പുത്രനെ മാറ്റി വയ്ക്കുകയും ചെയ്തു അതാണ് അടുത്ത് പറയുന്നത് അങ്ങനെ യജമാനൻ യാഗം ചെയ്യുന്നവൻ യാഗം അനുഷ്ഠിക്കുന്നവൻ അങ്ങനെയാണ് യജമാനൻ യജിക്കുന്നവൻ എന്നാണ് നമ്മൾ യജമാനൻ പ്രഭു എന്നുള്ള അർത്ഥം വന്നു ഇതിൽ യജമാനൻ എന്ന് വെച്ചാൽ യാഗം അനുഷ്ഠിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പൊ യാഗം അനുഷ്ഠിക്കുന്നവനായിരിക്കും അവിടുത്തെ പ്രധാനി എന്തുകൊണ്ട് യാഗം അനുഷ്ഠിക്കുന്ന ആളാണ് ഈ യാഗത്തിന് വേണ്ടിയുള്ള ധനം മുഴുവൻ ചെലവഴിക്കുന്നത് അതിന്റെ സമ്പദ് മുഴുവൻ വിനിയോഗിക്കുന്നതാണ് യാഗം ചെയ്യുന്ന ആളായിരിക്കും അവിടെ മറ്റു നിർത്തിക്കുകളും സദസ്സരും ഒക്കെ ആ യാഗത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി അവിടെ വരുന്നവരാണ് യജമാനൻ ആ അർത്ഥത്തിലാണ് യജമാന ശബ്ദത്തിനുള്ള മലയാളത്തിന് യജമാനൻ എന്നുവെച്ചാൽ പ്രഭു മുതലാളി എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത് അങ്ങനെയാണ് കാരണം യാഗത്തിൽ ആ യാഗം ചെയ്യുന്നവനാണ് അവിടുത്തെ സമ്പത്തിന്റെ വിനിയോഗം ചെയ്യുന്നത് അങ്ങനെ തേജമാന അങ്ങനെ യാഗം ചെയ്യുന്നവനായ വാജശ്രവസന് എന്താണ് നജികേത നാമപുത്ര ആ നജികേതസ് എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായിരുന്നു അപ്പൊ ആ പാരമ്പര്യത കാണിക്കുകയാണ് എന്താണ് ഈ വാജസ്രവസന്റെ അച്ഛനും വാജസ്രവാ അദ്ദേഹവും വലിയ ദാന ഭർമ്മിഷ്ഠനായിരുന്നു വാജസ്രവസനും പിതാവിന്റെ സദ്ഗുണങ്ങൾ പിതാവിന്റെ ഗുണങ്ങൾ അതുപോലെ പുത്രൻ വരണമെന്നില്ല പിതാവിനില്ലാത്ത ഗുണങ്ങൾ പുത്രാവാം അപ്പൊ പിതാവിന്റെ ചില ഗുണങ്ങളുണ്ടായിരുന്നു ദാനം ചെയ്യുകയും പറ്റും പക്ഷെ അത് പൂർണ്ണമായിരുന്നില്ല പിതാവിനെ പോലെ എന്താണ് പുത്രവാൾ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ആ ദാനം സർവസ്വ ദാനം ചെയ്യണം എന്ന് നിർബന്ധങ്ങളായിട്ട് തുടങ്ങി നിവർത്തിക്ക് വേണ്ടി എന്നാൽ അവിടെ തന്റെ സർവ്വവും നഷ്ടപ്പെടാതെ പുത്രനു വേണ്ടി നല്ലതെല്ലാം മാറ്റിവെച്ചിട്ട് യാഗം ചെയ്യും അപ്പൊ അവിടെ ഒരു പാരമ്പര്യമുണ്ട് ആ പരമ്പരയിലെ മൂന്നാമത്തെ ആളാണ് നജികേതസ് നജികേത അതുപോ നജികേദസ് സകാരാന്തമായ ശബ്ദമാണ് നജികേതസ് എന്ന് പറയുന്ന പുത്രത്തിന് ആസ ഒരു പുത്രൻ ആസ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ പോലെ ഇവിടെ പറയുകയാണ് അർത്ഥം പറയാം ഹവൈ മന്ത്രത്തിന്റെ അർത്ഥമാണ് പ്രസിദ്ധനായ കാമനകൾ ഉള്ളവനായ വാചശ്രവസഹ വാജശ്രവസ് എന്ന് വാചശ്രവസൻ വാജസ്രവസഹ എന്ന് വെച്ചാൽ വാജശ്രവസൻ എന്നു പേരുള്ള അത് നമ്മൾ ചോദിക്കണം ഈ വാചശ്രവസഹ എന്ന് പറയുന്നതിന് മലയാളത്തിൽ നമ്മള് പറയുമ്പോൾ വാജസ്രവസൻ എന്ന അർത്ഥം പറയുന്നു രാമ എന്ന് പറഞ്ഞാൽ രാമൻ എന്ന് പറയുമ്പോൾ അതേസമയം ഇയാളുടെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ വാജസ്രവസ് വാജസ്രവസ് എന്ന് പറഞ്ഞു അവിടെ നോക്ക് മലയാളത്തിൽ വാജസ്രവസൻ വാജസ്രവസ് എന്ന് പറയാം സകാരാന്തമായിട്ട് ഇത് വാജസ്രവസനാണ് അപ്പൊ വാജസ്രവസിന്റെ പുത്രനാണ് എന്ന് പറയുന്നത് ബ്രഹ്മ ബ്രഹ്മെന്ന് പറയുന്നത് അയാളുടെ മകൻ എൻറെ സർവവേദസം തന്റേതായ സർവസമ്പത്തും ദാനം ചെയ്തു അങ്ങനെ ഉള്ള നജികേദ നജികേദ എന്ന പേരുള്ള പുത്ര ആയിരുന്നു അപ്പോ ഇവിടെ ദാനം ചെയ്തു എന്ന് പറയുന്നു പിന്നീടാണ് ദാനത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ ആദ്യം തന്നെ ദാനം ചെയ്തു എന്ന് പറയുന്നു പിന്നെ ദാനം ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നു ആദ്യം ദാനം ചെയ്തു എന്ന് പറയുന്നത് എന്താണ് യാഗത്തിൽ ആദ്യം തന്നെ അങ്ങനെ സങ്കല്പുന്നു എന്റേതായ സർവവും ഞാനിതാ ദാനം ചെയ്തിരിക്കുന്നു അങ്ങനെ സങ്കല്പടുത്ത് ദീക്ഷ സ്വീകരിച്ച് ദീക്ഷ സ്വീകരിക്കുമ്പം തന്നെ യാഗത്തിന് വേണ്ടി അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുന്നു അതായത് ചില വ്രതങ്ങളോടുകൂടി യാഗത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ പറയും യാഗത്തിന്റെ പ്രത്യേകത എന്നതാണ് ഈ യാഗത്തിന് നിങ്ങളുടെ സർവസമ്പത്ത് ദാനം ചെയ്യണം എന്ന് പറയുമ്പോ യജമാൻ എന്തു ചെയ്യുന്നു അപ്പൊ തന്നെ സങ്കല്പിക്കുന്നു എന്റെ സർവ്വസമ്പത്ത് ഞാനിതായി യാഗത്തിൽ സർവർഗമായി ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ ദാനം ആയി കഴിഞ്ഞു പിന്നീട് ഇതിന് പകുത്തു കൊടുക്കുന്ന ജോലിയുണ്ട് അതല്ല ദാനം ആദ്യത്തെ ആ സങ്കല്പമാണ് യാഗമെന്ന് മുഖ്യമായിട്ട് സങ്കല്പമാണ് ഇതം നമമ എന്നുള്ള സങ്കല്പമാണ് മുഖ്യമായിട്ട് യാഗം എന്ന് പറയുന്നത് ആ പൂർത്തിക്ക് വേണ്ടിയിട്ടാണ് ബാക്കി വരുന്ന ഭവനങ്ങളും മറ്റനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് യാഗം ക്ഷണികം പറയുന്നത് കാരണം സങ്കല്പ രൂപത്തിൽ ഒന്നാമത് ക്ഷണികമാണ് സങ്കല്പം എന്ന് ഒരു അന്ധകരണ ഒരു അന്ധകരണവൃത്തി ക്ഷണമേ അന്ധകരണത്തിൽ നിൽക്കത്തോളം അടുത്ത സമയം നശിച്ചു അതുകൊണ്ടാണ് ഈ യാഗത്തെ കുറിച്ച് പല സ്ഥലത്തും പറയുമ്പോൾ പറയും യാഗം ക്ഷണികമാണോ ക്ഷണികമാണോ എന്ന് പറയും കാരണം യാത സങ്കല്പരൂപത്തിലുള്ളത് കൊണ്ടാണ് ആ സങ്കല്പത്തിന്റെ പൂർത്തിയായിട്ട് പിന്നീട് ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ മുഖ്യമായ അർത്ഥത്തിൽ അതല്ല യാത്ര അത് ഗൂഢമായ അർത്ഥത്തിലാണ് അത് യാഗം നിയമാംസകരുടെ സിദ്ധാന്തമനുസരിച്ച് അപ്പൊ ആ യാഗത്തിലെ പ്രധാനമായ ഒന്നാണ് ഈ സങ്കല്പം എന്റെ സർവവും ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ആ സങ്കല്പം ആ സങ്കല്പം ആദ്യം നടന്നു കഴിഞ്ഞു പിന്നീട് അതിന്റെ അനുഷ്ഠാനം എന്നുള്ളതിനേക്കാണ് ഇനി പശുക്കളെല്ലാം പിടിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരെ വിളിച്ച് സമ്പത്തൊക്കെ വിതരണം ചെയ്യുന്നു അപ്പൊ ആ ചെയ്യുന്നതല്ല യാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ദാനം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സങ്കല്പമാണ് അതുകൊണ്ടാണ് വ്യാദ്യം പറയുന്നത് സർവവും ദാനം ചെയ്തു എന്ന് പറയുന്നത് ഇനി അതിന്റെ പ്രായോഗിക അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് തന്റെ വസ്തുഹകളെല്ലാം ഓരോരുത്തർക്ക് ജീവിച്ചു കൊടുക്കും അങ്ങനെ അടുത്ത് ആ സങ്കല്പത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ദാന സങ്കല്പത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിട്ട് ആ വാജശരവസൻ ഇത് കൊടുക്കുന്നതാണ് അടുത്ത് പറയുന്നത് അവന് വാജശിരവസന് നചികേത നാമ നജികേതസ് എന്ന പേരുള്ള പുത്ര ആ സൌരപുത്രൻ ഉണ്ടായിരുന്നു ദക്ഷിണു നീയമാനു ശ്രദ്ധ ആവിശ സോ അമന്യതം കുമാരം സ്തം ദക്ഷിണുമാസു <Dicchnasu>, ശ്രദ്ധാവിശോമന്യത അതിന്റെ ഭാഷ്യം സ്തംഹ നജികേദസം കുമാരം പ്രഥമവയസ്സം സ്വന്തം സ്തംഭ നജികേദസം ആ നജികേദത്തിനെ കുമാരം പ്രഥമവയസ്സം സ്വന്തം കുമാര അവസ്ഥയിൽ അതായത് കുമാരം കൗമാരം യൗവനം വാർദ്ധക്യം ഈ മൂന്നെണ്ണത്തിൽ പ്രഥമമാണ് കൗമാരം യൗവനാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പിലുള്ള വയസ്സ് പതിനാറ് വയസ്സിന് മുമ്പുള്ള അവസ്ഥ അതിനാണ് കൗമാരം എന്ന് പറയുന്നത് ആൺകുട്ടികളെ സമ്മതിച്ചു കൗമാരം പ്രഥമ വയസ്സം സ്വന്തം കുമാരനായിരുന്നു പ്രഥമ വയസ്സായിരുന്നു പ്രഥമ വയ അവസ്ഥാല് വയസ്സെന്ന് പറയുന്നത് അപ്രാപ്ത ജനന യൗവനാവസ്ഥയെ പ്രാപിക്കാത്തവർ ജനനശക്തി ഇല്ലാത്ത അവസ്ഥ യുവത്വത്തെ പ്രാപിക്കാത്ത അവസ്ഥ കൗമാരം എന്ന് പറയുന്നത് വ്യാഖ്യാനിച്ചാണ് ബാലൻ തന്നെ ബാല്യകാലമാണ് ഇത്രയും ഉയർന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള പക്വത സാധാരണഗതിയിൽ വരാത്ത ഒരവസ്ഥ പക്ഷെ നജ്വേസ് എന്ന് പറയുന്നത് ഒരു വിഭാകശാലിയായ വിദക്ഷണനായ ഒരു ബാലനായിരുന്നു അതുകൊണ്ട് നജിയേഴ്സന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായി അങ്ങനെയുള്ള ബാലമേവ പറയുന്നത് വെറും ബാലനായിരുന്നു പ്രായം കൊണ്ട് പക്ഷെ പക്വതയിലല്ല പ്രായം കൊണ്ട് ബാലൻ തന്നെയായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ആ ബാലനെ ശ്രദ്ധ ആതിക്യബുദ്ധി ആ അസ്ഥിക്യബുദ്ധി എങ്ങനെ പിതുകിതാമപ്രയുക്ത പിതുഹു പിതാവിന്റെ ഹിത കാമം പിതാവിന്റെ ഹിതത്തെക്കുറിച്ചുള്ള കാമനയാൽ പ്രയുക്തമായ പ്രേരിതമായ പിതാവിന്റെ നന്മയെക്കുറിച്ചുള്ള ചിന്തയാൽ പ്രേരിതമായ ആ അസ്ഥിക്ക് ബുദ്ധി അത് ആ വിവേചിച്ച പ്രവിഷ്ടവതി പ്രവേശിച്ചു ആവേശം ചെയ്തു പ്രവേശിച്ചു പിതാവിന്റെ പ്രവൃത്തി കണ്ടപ്പോ ഈ പ്രവൃത്തി തന്റെ പിതാവിന് ദോഷം ചെയ്യുന്ന ആണല്ലോ പിതാവിന്റെ ഹിതത്തെ കുറിച്ചുള്ള കാമുണ്ടായി ആ കാമ പ്രേരിതമായി അയാളുടെ ഉള്ളിൽ ആസ്തി ആസ്തിയബോധം ഉണ്ടായി ആസ്തിക്യബോധം എന്ന് പറയുന്നത് ശാസ്ത്രം ഗുരു ഇവയുടെ വചനങ്ങളിലുള്ള വിശ്വാസമാണ് ആസ്തിക്യബോധം സാധനഗതി ആ ആസ്തിക്ക് ബോധം എന്ന് പറയുന്ന എന്താണ് ഇത് സത്യമാണ് ശാസ്ത്രം സത്യമാണ് ഗുരുവിന്റെ വാക്യം സത്യമാണ് അതിൽ പറയുന്ന ഫലങ്ങൾ അത് സത്യമാണ് അതിൽ പറയുന്ന നന്മ തിന്മകൾ അത് അതേപോലെ തന്നെ സംഭവിക്കും എന്നുള്ള ലഭമായ ബോധം വിശ്വാസം അതാണ് ബുദ്ധി ആ ആസ്തിക്ക് ബുദ്ധി ഉണ്ടായിരിക്കും പിതാവിന് ആസ്തിക്ക് ബുദ്ധി ഉണ്ടായി ആസ്തിക്യബുദ്ധി ഉള്ള ഒരാളിന് അധർമ്മം മനസ്സിക്കാൻ കഴിയത്തില്ല ദൃഢമായ ആസ്തിക്ക് ബോധമുണ്ടെങ്കിൽ അത് കഴിയത്തില്ല കാരണം തന്റേത് സർവവും ദാനം ചെയ്യണം എന്ന് പിതാവിനറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് യാഗം തുടങ്ങിയത് പക്ഷെ അങ്ങനെ തുടങ്ങിയെങ്കിലും പിതാവിന്റേതു തന്റേത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്റേതായ നല്ല വസ്തുക്കളെല്ലാം പുത്രന്റെ പേരിൽ മാറ്റിവെച്ചു എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തന്റേതായി വെച്ചു എന്നിട്ട് തന്റേതായ സർവവും ദാനിത് അപ്പൊ അതിലൊരു കാപട്ടിയുണ്ട് ഒരു വഞ്ചനയാണ് ഇത്തരം വഞ്ചന ചില ആളുടെ മനസ്സിലുണ്ടാകും അതെന്തുകൊണ്ട് ആ പൂർണ്ണമായ ആസ്തിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് അനുഷ്ഠിക്കുന്നതിൽ പിഴകു വരുത്തിയാൽ അതിലെന്തെങ്കിലും ഒരു ദിവ വന്നു കഴിഞ്ഞാൽ അത് പാപത്തെ ഉണ്ടാക്കും നരക ഉണ്ടാക്കും അടുത്ത മകൻ എന്നുള്ള ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ അതിന് അപ്പൊ ആ അസ്ഥിക്ക് പുത്തി പിതാവിന് കുറവാണ് പക്ഷെ പുത്തണ്ണതുണ്ട് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി പ്രവർത്തിച്ച നജികേതും ബാല്യകാലത്ത് തന്നെ ഉപനയനം ചെയ്ത് വേദാധ്യനമൊക്കെ ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ് കുമാരൻ എന്ന് പറഞ്ഞു ഇവരും ശിശു അപ്പോ കാര്യങ്ങളറിയാം നികേതം പക്ഷെ പിതാവിനേക്കാൾ കൂടുതൽ അതിന്റെ വിശ്വാസവും ദൃഢതകൾ തെറ്റായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വിപരീത ഫലത്തിൽ ഉണ്ടാക്കും ശരിയായി അനുസരിച്ചു കഴിഞ്ഞാൽ പുണ്യഫലത്തെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നാല് ദിവസം യാതൊരു സംശയവും അതിനെക്കുറിച്ചുള്ള ശരിയായ വിവേകവും വിശ്വാസവും രണ്ടു അതുകൊണ്ട് പിതാവിന്റെ ഈ പ്രവൃത്തി കണ്ടപ്പോ എന്റെ ആസ്തിക്ക് ബുദ്ധി വളർന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു തെറ്റാണല്ലോ പിതാവിന് ദോഷമാണല്ലോ എന്ന് ചിന്തിച്ചു അതാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധ അവിവേയിച്ച കസ്ൻ കാല ഏത് കാലത്തിലാണ് ഈ ശ്രദ്ധ ഉണ്ടായത് ഋതിഗ്യ സദസ്യഭ്യക്ഷിസു നീയമാനസു വിഭാഗേന ഉപനീയമാനസു ദക്ഷിണാർസു ഘോഷം ആമിഷ്ടശ്രദ്ധോ നദികേസ അമന്യം എപ്പോഴാണ് ഇയാൾക്ക് ഈ ശ്രദ്ധ ഉണ്ടായത് പറയുന്നത് ഋതിഗ്യ സദസ്യ പ്രത്യേക പുരോഹിതന്മാർ യാഗം ചെയ്യുന്ന പുരോഹിതന്മാരാണ് എത്തിക്കുക സദസ്യധ്യ യാഗം നടക്കുന്നു എന്നറിഞ്ഞ് അതെല്ലാം ദാനവും മറ്റും സ്വീകരിക്കുന്നതിനും യാഗം കാണുന്നതിനും വേണ്ടി വന്നുചേരുന്നവരാണ് സദസ് അവർക്ക് വേണ്ടി രണ്ടു കൂട്ടർക്കും വേണ്ടി ദക്ഷിണാസുനീയമാനാസു ദക്ഷിണയ നൽകാനായി കൊണ്ടുപോകുന്ന വിഭാഗേന ഉപനീയമാനാസു വേർതിരിച്ചു കൊണ്ടുപോകും വിഭാഗീയന ഉപനീയമാനോ എന്ന് വെച്ചാൽ നല്ലതിനെല്ലാം മാറ്റിവെച്ചിട്ട് മോശമായതിനെ വേർതിരിച്ചു കൊണ്ടുപോവുകയാണ് കാരണം ഇവിടെ പാചസരവസ്ഥ നല്ലതായിട്ടൊന്നും ഇല്ല കേട്ടോ അതിനെ മാറ്റി നിറക്കും ഞാൻ പറഞ്ഞ വിഭാഗേന ഉപനീയമാണ് വേർതിരിച്ചു കൊണ്ടുപോവാണ് മാറ്റി കൊണ്ടുപോവുകയാണ് എന്തിനാ ദക്ഷിണാർത്ഥാത്തു ദക്ഷിണയ്ക്ക് വേണ്ടിയുള്ള ഗോഷു ഗോക്കൾ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ധനമായി കണക്കാക്കുന്ന ഗോക്കള ഗോസമ്പദ് അങ്ങനെ ഏറ്റവും വലിയ ധനം കാരണം അതിന് പ്രയോജനങ്ങളുണ്ട് പശു അതിലൊന്നിന്റെ അതിലൊന്ന് കുട്ടികളെ തന്നെ കാള അത് ഉഴാനുപയോഗിക്കുന്നു ചാണകം പാൽ ഇങ്ങനെ സർവസമ്പത്തും അന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ആശ്രയിച്ചിരിക്കുന്നത് ഗോക്കളെ ആശ്രയിച്ചിട്ടാണ് പലതരത്തിലുള്ള പ്രയോജനമുള്ളതുകൊണ്ട് അതുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് വൈകിയ കാലത്ത് ഗോവാണ് ഗോ പറയുന്നത് സ്വർണം പോലും ഗോ കഴിഞ്ഞേ ഉള്ളൂ അങ്ങനെയുള്ള ആ ഏറ്റവും വലിയ സമ്പത്ത് അതിനെന്ത് ചെയ്യുന്നു കൊടുക്കും ദക്ഷിണയായി കൊടുക്കുക അത് കൊടുക്കുന്നു അതിനുവേണ്ടി കൊണ്ടുപോവുകയും അത് കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നത് ഇത് പ്രാമിഷ്ട ശ്രദ്ധ ശ്രദ്ധ ആവേശിച്ചവനായ ഇത് ചെയ്യുന്ന പ്രവൃത്തി ദോഷം വരുന്നതാണ് പിതാവിന് എന്ന് ദൃഢമായി ബോധ്യം നജികേത ആ അമന്യത ചിന്തിച്ചു മനസ്സിൽ ചിന്തിച്ചു അതാണ് അടുത്ത മന്ത്രത്തിൽ പറയാൻ പോകുന്ന അവൻ കൂടി ദക്ഷിണാസു നിയമാനാസു ദുന്ന പശുക്കളിൽ കണ്ടിട്ട് ശ്രദ്ധാവിവേച ശ്രദ്ധായുക്തനായി തീർന്നു സഹ അമന്യത അവൻ ഇപ്രകാരം ചിന്തിച്ചു എന്താണ് ചിന്തിച്ച നടത്തം പറയുന്നത് അനന്തി നിരിന്ദ്രിയാമ തേലോക താൻ സാഹോദായധതൃമാ ദുഖദോഹാനിരിയാ അനന്ദ നാമ തേ ദോകിട്ട അതിന്റെ ഭാഷ്യം ദക്ഷിണാർത്ഥ ഗാവോ വിഷ ദക്ഷിണാർത്ഥ ദക്ഷിണയ്ക്കു വേണ്ടിയുള്ള ഗോക്കൾ വിശേഷ്യന്റെ ഇവിടെ വിശേഷിക്കപ്പെടുകയാണ് അതിന്റെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പദങ്ങളും എന്നാണ് എന്ന് നാം പറയുന്നതിന്റെ വിശേഷങ്ങളാണ് എങ്ങനെ ഉദകം കാഹ പീതം കുളിച്ചു കഴിഞ്ഞു ഉദകം ജലം വ്യാധി ഏദഗോക്കളാലാണോ ീതോതകങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ശൈലിയാണ് അതായത് ഒരു ജീവിത ജീവിയായാലും അതിന്റെ ആയുസഡ് അയിത്രമാത്രം തിന്നണമെന്നും കുളിക്കണമെന്നൊക്കെയുള്ള ഒരു കർമ്മം കാണും അപ്പൊ അത് അതിന്റെ കർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം കുടിക്കേണ്ടതെല്ലാം കുടിച്ചു കഴിഞ്ഞു തിന്നേണ്ടതെല്ലാം തിന്നുകഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് മരിക്കേണ്ട സമയമായി അങ്ങനെ സാകാറായത് പീതോദകങ്ങൾന്ന് പറയുന്നത് കുടിക്കേണ്ടതെല്ലാം കുടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ആയുസ്സിനെ നീഴത്തി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണവും ആഹാരവും ഇതിനുമൊക്കെ കുറെ കഴിക്കണമെന്ന് കൂടുതൽ കാലം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും കാരണം നേരത്തെ തന്നെ പീതോധകന്മാരായി കഴിഞ്ഞാൽ പിന്നീട് ആയുസ് നീണ്ടുപോകത്തില്ല അതാണ് ഇവിടെയും പറയുന്നത് പീതം ഉദകം യാതും കുടിക്കേണ്ട വെള്ളം മുഴുവൻ കുടിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ ഇനി കുടിക്കാൻ അതിന്റെ കർമ്മം ഇല്ലാതെ ഇനി മരിക്കാൻ മതി മരണത്തെ പ്രതീക്ഷിക്കുന്നവയാണ് അതുപോലെ തന്നെ ജഗ്ധം അതിന്റെ അർത്ഥം പറയുന്നത് ഭക്ഷിതം ഭക്ഷണേ എന്ന് പറയുന്ന ഒരു ധാതു എന്ന് പറയുന്നു അതിന്റെ തന്നെ രൂപി ജഗ്ധം എന്ന് പറയുന്നത് അതിന് ചില വേഗം കാര്യങ്ങളൊക്കെ വരുന്നത് ജഗ്ധം ഒന്നാകും ഭക്ഷിതം തൃണം വ്യാഹി ഭക്ഷിച്ചു കഴിഞ്ഞു ഇനി ഭക്ഷിക്കാനൊന്നുമില്ല അതിന്റെ ആ ജീവിയുടെ കർമ്മമനുസരിച്ച് ഭക്ഷിക്കേണ്ടതെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു അത്രയും കലർന്നു കഴിഞ്ഞു അതിനെ തീറ്റി തിന്നുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഉള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടാന്ന് വെച്ചിരുന്നു വാർദ്ധക്യത്തെ പ്രാപിച്ചവ അതുപോലെ തന്നെ ദുഗ്ധോ ദോഹ ക്ഷീരാക്ഷുഹുധ ദുഗ്ധമായി കറന്നു കഴിഞ്ഞു ദോഹ എന്താണ് പാല് ക്ഷീരാ കറവ പറ്റിയത് ഇനി അതിനെ കറക്കാനൊന്നും കഴിയത്തില്ല കറവ പറ്റിക്കഴിഞ്ഞു നിരീന്ദ്രിയാണ് അപ്രജന സമർത്ഥ ഇനി അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തില്ല പ്രസവശേഷി നഷ്ടപ്പെട്ടത് അതാണ് നിരിന്ദ്രിയാഹ അപ്രജന സമർത്ഥ ആ പശുക്കൾക്ക് ചുരുക്കത്തിന് എന്താണ് ജീർണാഹ ജീർണിച്ചവ എന്ന് പറഞ്ഞാൽ നിഷലാഹ യാതൊരു പ്രയോജനമില്ല അതിനെ ഇനി കറക്കാൻ കഴിയത്തില്ല ചീത്തയും വെള്ളവും ഒന്നും അത് ലഭത്തില്ല അങ്ങനെയുള്ള പശുക്കൾ എന്നർത്ഥം പാലും കിട്ടത്തില്ല അങ്ങനെയുള്ളതിനെയാണ് അങ്ങനെയുള്ള പശുക്കളെ ഈ ചേർക്കുന്നത് അങ്ങനെയുള്ളത് എന്നർത്ഥം നമ്മൾ സാധാരണ ദാനം ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് അവർക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അങ്ങനെ ദാനം എന്ന് പറയും നമുക്ക് നല്ലതെല്ലാം നമുക്ക് വേണ്ടി വയ്ക്കുക മറ്റുള്ളവർക്ക് മോശമായത് വയ്ക്കുക സാധാരണ മനുഷ്യന്റെ ഒരു ഇതാണ് അത് തന്നെയാണ് ഇവിടെ വളരെ കീർത്തി ആഗ്രഹിക്കുന്നവനായ വാചശ്രവർത്തനം ചെയ്തത് അങ്ങനെയുള്ള ഏവം ഭൂതാഹ ഇപ്രകാരമുള്ള അഗാഹ പശുക്കളെ പരിസ്യോ വർത്തിക്കുകൾക്ക് ദുരോഹിതന്മാർക്ക് തീർക്കും ദക്ഷിണാബുദ്ധ്യ ദാനം ചെയ്യാം ഇത് ദക്ഷിണയാണ് യാഗം ചെയ്തു കഴിഞ്ഞാൽ ദാനം ചെയ്യണം ദക്ഷിണയെന്നുള്ള ദക്ഷിണ എങ്കാനെന്നുള്ള ബോധത്തോടുകൂടി ദത ഇവിടെ കൊടുക്കാൻ വരുമ്പിടുകയാണ് പാചശ്രവശൻ പ്രയുദ്ധൻ പക്ഷെ അങ്ങനെ കൊടുക്കുന്നവൻ ദതൻ കൊടുക്കുന്നവൻ എന്ത് പറയുന്നു അനന്ത എന്റെ അർത്ഥം പറയുന്നു അനാനന്ദ അതിന്റെ അർത്ഥമാണ് പറയുക ഈ നസുഖ എന്നിട്ട് ദുഃഖഭൂരിഷ്ടമായ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന നാമ അതാണ് അതിന്റെ അർത്ഥം അനന്ത എന്ന് പറഞ്ഞ വളരെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതായ ഈ ലോകാഹ അങ്ങനെയുള്ള ചില ലോകങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫലങ്ങൾ താൻ അവയെ യജമാനഹ അയജമാനൻ ഗ്രാപിക്കുന്നു എന്നിട്ട് നരകത്തെ പ്രാപിക്കുന്നു അനന്തം ആനന്ദം എന്നിട്ട് ആനന്ദമില്ലാത്ത സ്ഥലം നരകം ആ നരകത്തെ അയജമാനം പ്രാപിക്കുന്നു തനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത വസ്തുവകകളെ ദാനം ചെയ്യുന്ന ഒരുവൻ തനിക്ക് വേണ്ടി നല്ലതന്നെ മാറ്റിവെച്ചിട്ട് മോശമായ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൻ അവൻ സ്വാർഥനാണ് അങ്ങനെയുള്ളവൻ നരകത്തെ പ്രാപിക്കുന്നു എന്നാണ് സാറിന് എല്ലാ എന്തെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗമുള്ള നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് എല്ലാ മനുഷ്യൻ ആത്മീയ ജീവികളും ലൗകിക ജീവികളും എല്ലാം അങ്ങനെയാണ് അങ്ങനെ സാധനം ചെയ്യാറുള്ളു അപ്പോ ഇത് എന്താണ് ഇവർക്കെല്ലാം മറ്റിരിക്കുന്നത് നരകമാണ് എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ നല്ലത് നമുക്ക് വെച്ചാൽ തന്നെ മറ്റുള്ളവർ കൊടുക്കാറ് അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ ഫലമില്ലായിരിക്കും എന്നാണ് ശ്രുതി പറയുന്നത് അതുകൊണ്ട് ശരി അവൻ അവിടെ എത്തിച്ചേരുന്നു അങ്ങനെയുള്ള വസ്തുക്കളെ ദാനം ചെയ്യുന്നവൻ എന്ന അതൊരു വലിയ തത്വത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാനം ചെയ്യാൻ അതാണ് വേദത്തിൽ തന്നെ സർവസ്തു ദാനം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിൽ വലിയ പൂർണ്ണമായ സ്വാർത്ഥ ത്യാഗമാണ് യാഗത്തിന്റെ തന്നെ പിന്നിലുള്ള ഒരു അതിന്റെ ശരിയായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് എന്താണ് പരിപൂർണമായ ത്യാഗമാണ് യാഗം കൊണ്ടും കാരണം സർവവും തൃജിക്കാനാണ് എന്തെങ്കിലും ഒരു കർമ്മം നടത്തിയിട്ടൊരു വ്യക്തിയെ കൊണ്ട് സർവവും ഉപേക്ഷിക്കുക തേജിപ്പിക്കുക എന്ന് പറയുമ്പോൾ താൻ കൂട്ടിവെച്ചിരിക്കുന്ന സമ്പത്ത് അത് ധരിക്കുകയാണ് അപ്പൊ അത് എത്രയോ ശ്രേഷ്ഠമാണ് മഹത്തായ ഒരു കർമ്മമാണ് അയാൾ നിസ്സുനായിത്തീരുക അത് പലർക്കായിട്ട് കൊടുക്കുകയാണ് അപ്പൊ ആ സമ്പത്തിനെ സമൂഹത്തിന് വിതരണം അങ്ങനെ വിതരണം ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള ത്യാഗമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് രോഗത്തിന് ബോധ്യപ്പെടുന്നു കാരണം തിരിക്കുന്നവരുടെ കയ്യിൽ പിന്നീടൊന്നും കാണരുത് എന്നാൽ അതിന്റെ ത്യാഗം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതാണ് അതിന്റെ പക്ഷെ അതിനകത്ത് തന്നെ അതിന്റെ പുരോഹിതന്മാർ ദുരുപയോഗപ്പെടുത്തുന്നതാണ് ദക്ഷിണ എന്ന് പറയുന്ന സമ്പ്രദായം എന്നുവെച്ചാൽ അത് ഒരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി ആളിനെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുന്ന അത് പൗരോഹിത്യത്തിന്റെ ദുഷ്പ്രവണതകളാണ് അത് അതിന്റെ വേറൊരു വശമാണ് അതിൻ്റെ പക്ഷെ വേദത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ആ യാഗത്തിന്റെ ശരിയായിട്ടുള്ള വശം തത്തായിട്ടുള്ള വശം മ്പത്ത് ഒരുപാട് കൂടിക്കഴിയുണ്ടോ അല്ല സമ്പത്താണ് ദാനം ചെയ്യാൻ പറയുന്നത് അവനോട് ഒരു വലിയ യാഗം നടത്താൻ പറയും അപ്പൊ സമ്പത്തിന് വിതരണം ചെയ്യും അപ്പൊ സമൂഹത്തിൽ തന്നെ സമ്പത്തിന്റെ സംഭരണവും വിതരണവും അതിനെ സമഗ്രിതമാക്കുന്നതിനുള്ള ഒരു വലിയ തത്വമാണ് ഈ യാഗങ്ങളിലൂടെ ഒരു കാലത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് തന്നെ വളരെ ദുഷിച്ചു അതിന് പിന്നീട് വന്ന് ദുഷിക്കുമ്പോ പിന്നെ അത് ധനം വേറെ ഭാഗത്തിൽ പുരോഹിതന്മാർക്ക് ധനം സമ്പാദിക്കുന്നതിനുള്ള ധനാർജ്ജനത്തിനുള്ള ഒരു ഉപായമാക്കി അവർ ഈ ദാനങ്ങളെ മാറ്റി അങ്ങനെയുള്ള ഒരു ദാനമാണ് നമ്മുടെ ഈ സമാജത്തെ ഭാരതീയ സമാജത്തെ ക്ഷയിപ്പിച്ചതും ഭാരതത്തെ അത പതിപ്പിച്ചതും അത് ഈ യാഗം തന്നെ സതുദ്ദേശത്തോടു കൂടി ഞാൻ ലഭിച്ച ഈ യാഗം തന്നെയാണ് ഈ ഭാരതത്തെ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തിയെന്ന് നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രം അത് വേറൊരു വിഷയമാണ് പഠിക്കുന്നവർക്ക് മനസ്സിലാകാൻ അതാണ് അത് പൌരോഹിത്യത്തിന്റെ മേധാവിക്ക് കൊണ്ട് വന്നത് അതായത് ദോഷവശമാണ് ഏതൊരു നല്ല കാര്യങ്ങളെയും അതിനെ ദുഷിപ്പിക്കുക എന്ന് പറയുന്നു മനുഷ്യൻ മനസ്സിന്റെ ഒരു വിശേഷതയാണ് അത് യാഗത്തിന് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ എന്റെ അവിടെ അവിടെ നേരത്തെ പറഞ്ഞ ഈ പിതാവിൻ വന്നെന്ന് പറഞ്ഞ പോലെ ആത്മവഞ്ചനയാണ് നൈ പറയുന്ന ശ്രദ്ധയുള്ളിടത്ത് അവിടെ പൂർണ്ണമായ നിസ്വാർത്ഥതയാണ് ഒരാളെ യാഗത്തിന് പ്രേരിപ്പിക്കുന്നതാണ് പൂർണ്ണമായും നിസ്വാർത്ഥതയാണ് അയാൾക്ക് കാമനുണ്ടായിരിക്കും അതെന്താ മരണശേഷം കിട്ടുന്ന കാര്യം സ്വർഗം എന്ന് പറയുന്നു പക്ഷെ മരണശേഷം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്റെ സർവസ്വ സർവസ്വദാനം അതൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്ര ശ്രേഷ്ഠമായ ഒരു പ്രേരണയാണ് ആ പ്രേരണയാണ് യാഗം കൊണ്ടെല്ലാം തിന്നിലുള്ളത് ഇവിടെ പറയുന്ന ഈ വാജ സർവസനും അത് മനസ്സിലായിട്ട മനസ്സിലാകാത്തോണ്ട് അയാളും തന്റെ സ്വാർത്ഥതയെ നിലനിർത്തിക്കൊണ്ട് യാതൊരു ചെയ്യാൻ ആഗ്രഹിച്ചു അത് മകൻ ഇഷ്ടപ്പെട്ടില്ല അതാണ് ഇത് കണ്ടുകഴിഞ്ഞ് മകൻ ചോദിക്കാനും പിതാവിനോട്